ൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായമാണല്ലോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗ്യൂക്കോസിൻ്റെ സുവിശേഷം അത് നമ്മൾ നോക്കുമ്പോൾ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം അഞ്ച് ആറ് ഏഴ് എന്നീ മൂന്ന് അധ്യായങ്ങളിൽ കൊടുത്തിട്ടുള്ള ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ ലൂക്കോസ് ആറിൻ്റെ ഇരുപത് മുതൽ നാൽപ്പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നദ്ധ്യായങ്ങളിലായിട്ട് മത്തായി വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാ ഒരധ്യായത്തിൽ മുപ്പത് വാക്യങ്ങളിലായിട്ട് ലൂക്കോസ് സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു മത്തായി അഞ്ചിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ആൽമാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗ്യവർണ്ണന ഇവിടെ ഇതാ ലൂക്കോസ് ആറിൻ്റെ ഇരുപതിൽ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ടുതരം വീടുകൾ പാറമേൽ പണിത വീടും അതുപോലെ മണലിന്മേൽ പണിത വീടും ഈ കഥ പറഞ്ഞ് അത് അവസാനിക്കുമ്പോൾ ഇവിടെയും ഗിരിപ്രഭാഷണം ഗ്ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തൊൻപത് വരെ വ ഉള്ള വാക്യങ്ങളിൽ രണ്ടു തരം വീടുകളെക്കുറിച്ച് പൺ പറഞ്ഞാണ് അവസാനിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ മത്ത ഈ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണത്തിൽ ശത്രുക്കളെ സ്നേഹിപ്പീൻ ഒരു ചകിട്ടത്തടിക്കുന്നവനെ മറ്റതും കാണിച്ചു കൊടുപ്പീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെയും മുപ്പത് വാക്യങ്ങളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നെങ്കിലും ഇവിടെയും പറഞ്ഞിട്ടുണ്ട് സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് സഹോദൻ്റെ കണ്ണിലെ കരട് നോക്കുവാനുള്ള നിർദ്ദേശം അതും ഇവിടെ കാണാം വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നത് സംബന്ധിച്ച ഉപമ അതും ഇതിൻ്റെ ഇതിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പാറമേലും മണ്ണിന്മേലും പണിത വീടുകളുടെ ഉപമ അത് ഗിരിപ്രഭാഷണത്തിൽ ഇവിടെയും ലൂക്കോസും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ നാല്പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ മത്തായി മൂന്നദ്ധ്യായങ്ങളിലായിട്ട് കൊടുത്ത ഗിരിപ്രഭാഷണം ചുരുക്കത്തിലെ വിവരിച്ചിട്ടുള്ളപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും വിട്ടുപോകാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ബൈബിളിലെ പുതിയ ഉടമ്പടിയിലെ കർത്താവായി യേശു ക്രിസ്തു കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ നമ്മളെ ഗിരിപ്രഭാഷണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് പത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ ലൂക്കോസ് ആറിൻ്റെ ഇരുപത് മുതൽ നാൽപ്പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അവിടെ രണ്ടിടത്തും ആ ഗിരിപ്രഭാഷണം ആരംഭിക്കുമ്പോൾ ദരിദ്രരായ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് ആനന്ദരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ് ദരിദ്രനന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് കേവലം ഭൗതികമായ ദാരിദ്ര്യമല്ലെന്ന് നമുക്കറിയാം ഇവിടെ ഈ ലോകത്ത് ദരിദ്രന്മാരായവരെല്ലാം ഭാഗ്യവാന്മാരല്ല മറിച്ച് ഏത് ദാരിദ്ര്യമാണ് മത്തായിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആത്മാവിലെ ദാരിദ്ര്യമാണ് അപ്പോൾ ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നത് അതിൻ്റെ തന്നെ വിവിധ കാര്യങ്ങളാണ് തുടർന്ന് വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട പുതിയ ഉടമ്പടിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താ ഈ ആത്മാവിലെ ദാരിദ്ര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ അത് ഭൗതികമായ ദാരിദ്ര്യം പോലെയാണ് ഭൗതികമായ ദാരിദ്ര്യത്തിൽ എന്താണ് ഭൗതികമായിട്ട് ദരിദ്രനായ ഒരാള് എപ്പോഴും ഒരു ധനവാന്റെ ആശ്രയിച്ചു നിൽക്കും ധനുവാന്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പടിവാതുക്കൽ ചെന്ന് അവനോട് പിന്നെയും പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആത്മാവിലെ ദാരിദ്ര്യവും നമ്മൾ ആൽമാവിൽ ദരിദ്രരാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ദൈവത്തിൻ്റെ പടിവാതിക്കൽ ചെന്ന് നിരന്തരം ജാഗരിച്ച് നിൽക്കും ദൈവത്തെ ആശ്രയിച്ച് നമ്മള് മുന്നോട്ട് പോകും നമ്മൾ ഇംഗ്ലീഷിലെ ഒരു പാട്ടിനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ആ പാട്ടിലെ വരികൾ ഇങ്ങനെയാണ് കർത്താവ് എനിക്ക് നിന്നെ ഓരോ ദിവസവും ആവശ്യമാണ് ഓരോ ദിവസവും കർത്താവെ എനിക്ക് നിന്നെ വേണം എന്നാണ് ആ പാട്ടിലെ വരി പക്ഷെ ആ പാട്ടിലെ വരി പാടിയപ്പോൾ ഒരു ദൈവഭൃത്യൻ അതിനെ ഇങ്ങനെ തിരുത്തി പാടി കർത്താവെ എനിക്ക് നിന്നെ ഓരോ നാഴിക തോറും ഓരോ മണിക്കൂർ തോറും നിന്നെ എനിക്ക് വേണം കണ്ടോ അപ്പോൾ പലർക്കും ദൈവത്തെ ആഴ്ചയിൽ ഒന്ന് ഞായറാഴ്ചയോ മറ്റോ വേണ്ടി വരുമ്പോൾ ആത്മാവിൽ ദരിദ്രനായിട്ടുള്ളവന് ഓരോ ദിവസവും അല്ലെങ്കിൽ അതിലും കടന്ന് ഓരോ ഓരോ നാഴികയിലും ഓരോ മിനിറ്റിലും ദൈവത്തിൽ ഡിപ്പെൻഡായിട്ടല്ലാതെ ദൈവത്തിൽ ആശ്രയിച്ചല്ലാതെ അവന് നിൽപ്പാൻ കഴിയില്ല കാരണം അവൻ എന്താ ആത്മാവിൽ ദരിദ്രനാണ് ഭൗതികമായ ദാരിദ്ര്യമുള്ളവൻ തനികനെ ആ എപ്പോഴും ആശ്രയിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആത്മാവിൽ ദരിദ്രരാണെങ്കിൽ നമ്മളെല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കും ദൈവത്തോടെ അടുക്കലേക്ക് ചെല്ലും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ആത്മീയമായ ഇല്ലായ്മ അത് വെറുതെ ഒരു അഭിനയമല്ലല്ലോ ഒരു ആത്മീയമായിട്ടൊരു പോരായ്മ എങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടാനായിട്ട് ഒക്കുന്നത് അങ്ങനെ ബോധ്യപ്പെട്ടാലല്ലേ നമുക്ക് കർത്താവിൻ്റെ പടിവാതുകൾ ജാകരിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളു അതെങ്ങനെ കഴിയും പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കാണുമ്പോൾ വലിയ ഒരു നിലവാരമാണ് പുതിയ ഉടമ്പടിയിൽ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ തന്നെ നോക്കുക നമ്മൾ ആറാമദ്ധ്യായത്തിൽ അതിൻ്റെ അതിൻ്റെ ഇരുപത്തിയേഴ് മുതലൊക്കെയുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ അവർ വായിക്കുന്നവർക്ക് ഗുണം അവരെ അനുഗ്രഹിപ്പീൻ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ നിൻ്റെ ഒരു ചകട്ട തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെതായ ഒരു നിലവാരം വളരെ വലുതാണ് ഇത് എങ്ങനെയെങ്കിലും ഭൗതികമായിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്യുക ഈ ഒരു ആത്മാവിൽ ഈ ഒരു സ്പിരിറ്റിൽ നമ്മൾ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിലവാരം വളരെ വലുതാണെന്ന് നമ്മൾ കാണും ആ നിലവാരത്തിനൊപ്പം നമുക്ക് എത്താനായിട്ട് കഴിയുകയിൽ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവമേ എനിക്ക് എന്നിൽ നിന്ന് എൻ്റെ ഉത്സാഹത്തിൽ നിന്ന് എൻ്റെ തീരുമാനത്തിൽ നിന്ന് എനിക്ക് നീ ആവശ്യപ്പെടുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കാനോ നീ ആഗ്രഹിക്കുന്ന മട്ടില് ആത്മീയമായിട്ട് ഉയരാനോ പറ്റുന്നില്ല അതുകൊണ്ട് ഞാന് നിന്നെ തന്നെ ആശ്രയിക്കുന്നു നീ തന്നെ കൃപ നൽകി എന്നെ ആ നിലയിൽ നടത്തണേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായാലവിടുന്ന് എന്നെ ആ നിലയിൽ നടത്തണേ എന്നുള്ള ഒരു നിലവിളി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു വലിയ നിലവാരത്തിൻ്റെ മുമ്പിലാണ് ഉയരുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് വ്യക്തമായി എന്ന് കരുതുന്നു നമ്മളിതിനെ സംബന്ധിച്ച് പലപ്പോഴും ഒരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ ഒരു പുസ്തകത്തിലും അത് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ക്വേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു അവരെ ക്വേക്കർ എന്ന് പറഞ്ഞാൽ വിറയില് എന്നാണ് അർത്ഥം അവർ ദൈവസന്നിധിയിൽ വളരെ റാഡിക്കലായി ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് അവർ വിറയലുകാരെന്നാണ് മറ്റുള്ളവർ കളിയാക്കി പറഞ്ഞത് അങ്ങനെയുള്ള ക്വേക്കർ വിഭാഗം ആ ക്വേക്കർ വിഭാഗത്തിലെ ഒരു വനിതയുടെ കഥയാണ് നമ്മളീ പുസ്തകത്തിലെ നമ്മുടെ ഒരു പുസ്തകത്തിലെ കൊടുത്തിട്ടുള്ളത് ആ ക്വേക്കർ വനിത അവര് പ്രായമായ ഒരു സ്ത്രീയാണ് അവര് അവരുടെ സഭയിലെ കേക്കർ വിഭാഗത്തിലെ തന്നെ ഒരു ഇളയ സഹോദരിയും ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അടുത്ത വീട്ടിലെ അയൽക്കാരി വന്നിട്ട് ഈ പ്രായമുള്ള ക്വേക്കർ വനിതയോട് വളരെ തട്ടി കയറി ക്ഷുഭിതയായിട്ട് പല കാര്യങ്ങൾ ആക്ഷേപിച്ച് സംസാരിച്ചു ആക്ഷേപിച്ച് സംസാരിച്ചെങ്കിലും ഈ ക്വേക്കർ വനിത ഈ അയൽക്കാരി വന്ന് പറഞ്ഞ പ്രകോപനപരമായ ആ ചോദ്യങ്ങളുടെയും സംസാരത്തിൻ്റെയും മുമ്പാകെ വളരെ സംയമനം പാലിച്ച് ചിരിച്ചു നിശബ്ദമായിട്ട് ആ ആക്ഷേപങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഈ ആൾക്കാർ പിന്നെയും പല നേരം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടും ഈ കേക്കർ വനിതയിൽ നിന്ന് ഒരു മറുപടിയില്ലാഞ്ഞപ്പം അവർ ചവിട്ടിത്തുള്ളി തിരിച്ചങ്ങ് മടങ്ങിപ്പോയി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ കേക്കർ വിഭാഗത്തിലെ ഇളയ പെൺകുട്ടി ഇളയ സ്ത്രീയെ ഈ മുതിർന്ന സ്ത്രീയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും സമ്മതിച്ചു തന്നിരിക്കുന്നു ഞാനിതെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു മറ്റൊരു വന്ന് പ്രകോപനപരമായിട്ട് എന്തെല്ലാം പറഞ്ഞിട്ടും ആൻറ്റി ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ എന്ന് മാത്രമല്ല ചിരിച്ചുകൊണ്ട് നിശബ്ദത പാലിച്ചല്ലോ അപ്പം നമ്മളാ വിജയ നമ്മൾ സഭയിൽ പറയുന്ന പോലെ തന്നെ ഈ പ്രകോപനത്തിന് മുമ്പാകെ നിശബ്ദത പാലിച്ച് പെരുമാറാനായിട്ട് ആൻറ്റിക്ക് കഴിഞ്ഞല്ലോ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് ഈ ഇളയ സ്ത്രീയെ പറഞ്ഞു അത് കേട്ടോണ്ണം മുതിർന്ന സ്ത്രീയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ മോളെ നീ എൻ്റെ പുറമേ ഉള്ള ചിരി മാത്രമേ കണ്ടുള്ളൂ എൻ്റെ അകമേയുള്ള തിളച്ചു കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാണ് അവള് പൊട്ടിക്കരഞ്ഞത് എന്താർത്ഥം അതായത് താനെ പുറമേ ശാന്തത പാലിച്ചെങ്കിലും തൻ്റെ ഹൃദയത്തിൽ ആ ശാന്തത നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ് ആ കേക്കർ വനിത കരഞ്ഞത് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു നിലവാരം പ്രത്യേകിച്ചും ഗിരിപ്രഭാഷണം ഒത്തിരി ആന്തരികമാണ് നമ്മൾ പുറമേ കൊലപാതകം ചെയ്തില്ലെങ്കിലും ആന്തരികമായിട്ട് ദേഷ്യപ്പെടാനേ പാടില്ല പുറമേ വിഭിചാരം ചെയ്തില്ലെങ്കിലും അകമേ ദുർമോഹം പാടില്ല അങ്ങനെ ഗിരിപ്രഭാഷണം ഒത്തിരി ആന്തരികമാണ് അപ്പൊ ഈ കേക്കർ വനിത താനെ പറഞ്ഞത് ഞാന് മറ്റേ അയൽക്കാരിയോട് ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞില്ല സംയോജനം പാലിച്ചെങ്കിലും ആ സമയത്തിനും എനിക്ക് ഹൃദയത്തിൽ നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്തുകൊണ്ട് അവൾ അങ്ങനെ വിലപിച്ചത് കാരണം ദൈവത്തിൻ്റെ നിലവാരം ഗിരിപ്രഭാഷണത്തിലെ നിലവാരം വളരെ വലുതാണെന്ന് മനസ്സിലാക്കിയാണ് അവളങ്ങനെ പറഞ്ഞത് കണ്ടോ അപ്പോൾ ആ വലിയ നിലവാരത്തിനൊപ്പം ആകാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് ആത്മാവിൽ ദരിദ്രനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രനെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞത് ആത്മാവിൽ ദരിദ്രനായിട്ടുള്ള ഒരുവൻ എപ്പോഴും ഒരു ആവശ്യബോധത്തിലായിരിക്കും ദൈവമേ എനിക്ക് എന്നെ കൊണ്ട് നിലവാരത്തിനൊപ്പം ആകാനായിട്ട് കഴിയുന്നില്ല നീ തന്നെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിരന്തരം ദൈവത്തിൽ തന്നെ കൃപയ്ക്കായിട്ടും പരിശുദ്ധാത്മാവിനായി വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിപ്പെടുത്തലിന് വേണ്ടിയും ആശ്രയിച്ചു നിൽക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ സദൃശിവാക്യത്തിൻ്റെ എട്ടാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ പടിവാതുക്കൾ നിരന്തരം ജാഗരിച്ച് നിൽക്കാനായിട്ട് കഴിയുന്നത് യഥാർത്ഥ ആത്മാവിലെ ദരിദ്രൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കും ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കാൻ അവനെ ആൽ അവൻ്റെ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാ ദൈവത്തിൻ്റെ വലിയ നിലവാരത്തിന് മുമ്പിലാണ് അവന് അവൻ്റെ കുറവിനെ കാണാനായിട്ട് കഴിയുന്നത് നമ്മളിതേ കാര്യം തന്നെ ബൈബിളിലെ പല നിലകളിലും നമ്മൾ കാണുന്നുണ്ട് റോമർ കെഴുതിയ ലേഖനം ഏഴാം അധ്യായം അതിൻ്റെ പതിനെട്ട് ഇരുപത്തിനാല് വാക്യങ്ങളൊക്കെ നോക്കുക അവിടെ പൗലോസ് തന്നെ പറയുന്നു എന്നിൽ എന്നു വച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല നമുക്കറിയാവുന്നിടത്തോളം വളരെ ഭക്തനായി ജീവിച്ച ആളാണ് പൗലോസ് പക്ഷേ താന് ദൈവീകമായ നിലവാരത്തിന് മുമ്പാകെ തന്നെ തന്നെ നോക്കുമ്പോൾ അയ്യോ എന്നിൽ ഒരു നന്മ വസിക്കുന്നില്ല എന്ന് മാത്രമല്ല പറയുന്നു അയ്യോ ഞാൻ ഈ അരിഷ്ടമനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും അതുപോലെ ഒന്ന് ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഈ പൗലോസ് തന്നെ പറയുകയാണ് പാവികളിൽ ഞാൻ ഒന്നാമൻ ഏർ താന് ഫിലിപ്പർക്കെതി മൂന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ന്യായ നീതി സംബന്ധിച്ച് താന് ബ്ലെയിംലെസ്സാണ് അനിന്യനാണ് എന്ന് പറഞ്ഞവനാണ് പൗലോസ് പക്ഷേ ന്യായ പ്രമാണത്തിലെ പഴയ നിയമത്തിലെ നീതി എന്താ അത് എപ്പോഴും പുറമേ കാണുന്ന പല കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കൊല ചെയ്യരുത് കൊല ചെയ്തില്ലെങ്കിൽ പുറമേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ ഉള്ളിൽ എന്തെല്ലാം ദേഷ്യമുണ്ടായാലും പഴയ നിയമം അനുസരിച്ച് കുഴപ്പമില്ല എന്നാൽ മോഹിക്കരുതെന്ന് പറയുന്ന ആ ഒരൊറ്റ കൽപ്പനയെ ഒഴിച്ച് ബാക്കി മുഴുവൻ ബാഹ്യമായ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം ഇരിക്കുന്നത് അപ്പോൾ എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോഴോ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ എന്തു ചെയ്തു ഈ പഴയ നിയമ കൽപ്പനകളെ എല്ലാം എടുത്ത് അതിനെ ആന്തരികമാക്കി അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ നിലവാരം പുതിയ ഉടമ്പടിയുടെ നിലവാരം വളരെ വർദ്ധിച്ചു ആ വലിയ നിലവാരം യഥാർത്ഥത്തിൽ കണ്ടാൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് അയ്യോ നമ്മൾ ഏറ്റവും നല്ലത് പറഞ്ഞതിന് ശേഷവും ഏറ്റവും മറ്റുള്ളവരുടെ അഭിനന്ദനം ലഭിക്കത്തക്ക രീതിയിൽ ആ ക്വേക്കർ വനിതയെപ്പോലെ നന്നായി പെരുമാറിയതിന് ശേഷവും അയ്യോ ആന്തരികമായിട്ട് ഞാൻ കർത്താവിൻ്റെ നിലവാരത്തിനൊപ്പം ആയിത്തീർന്നില്ലല്ലോ എന്നൊരു നിലവിളി അയ്യോ എനിക്കെങ്ങനെ കഴിയും എൻ്റെ ശക്തി കൊണ്ട് കഴിയുകയില്ല എൻ്റെ നല്ല തീരുമാനം കൊണ്ട് കഴിയുകയില്ല മറിച്ച് കർത്താവേ നീ തന്നെ എന്നെ സഹായിച്ചാലേ കഴിയുള്ളൂ നീ കൃപ തന്നാലേ ഈ നിലവാരത്തിനൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അവിടുന്ന് പരിശുദ്ധാത്മാവിൽ എന്നെ ശക്തിപ്പെടുത്തിയാലേ അവിടുന്ന് വെച്ചിട്ടുള്ള ഈ നിലവാരത്തിനൊപ്പം വന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊരു ആ ദൈവത്തിലുള്ള ഒരാശ്രയം എപ്പോഴും അങ്ങനെ ഒരു ആത്മാവിലെ ദാരിദ്ര്യം അങ്ങനെ ഒരു വലിയ നിലവാരത്തിന് മുമ്പിലാണ് നമുക്ക് കയ്യാളാനായിട്ട് കഴിയുന്നത് ഇന്ന് ക്രിസ്തീയ ലോകത്ത് പലരും ഇങ്ങനെയുള്ള നിലവാരങ്ങളൊന്നും നോക്കുന്നില്ല അവരവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ തൃപ്തരായിട്ട് അങ്ങ് പോവുകയാണ് ആത്മാവിലെ ദാരിദ്ര്യത്തിൻ്റെ എതിർവശം എന്താ എതിർവശം എന്ന് വെച്ചാൽ സ്വയത്തിലുള്ള തൃപ്തിയാണ് ഞാനെ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല തെറ്റായിട്ട് ആരുടെ ഒന്നും പിടിച്ചു പറിക്കുന്നില്ല ആരെയും അടിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള കൽപ്പനകളൊന്നും പഴയ നിയമത്തിലെ കൽപ്പനകളൊന്നും ലംഘിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരവരുടെ ആത്മീയതയിൽ അങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുന്നതാണ് ആത്മാവിലെ ദാരിദ്ര്യത്തിൻ്റെ നേരെ എതിരായ വശം പ്രിയപ്പെട്ടവർ പഴയ നിയമത്തിലത് മതിയായിരുന്നു പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കണ്ടോ പുതിയ ഉടമ്പടിയിലെ നിലവാരം വളരെ വലുതാണ് അല്ലെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ കാര്യമാണ് പാപത്തിൻ്റെ പുതിയ ഉടമ്പടിയിലെ നിർവചനമെന്ന് പറയുന്നത് എന്താ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല മറിച്ചെന്താ ദൈവതേജസ്സിൽ കുറവായുള്ളതെല്ലാം പാപമാണ് എന്നതാണ് പുതിയ ഉടമ്പടിയുടെ ആ നിലവാരം ദൈവ തേജസ്സിൽ കർത്താവുമായിട്ട് താരതമ്യപ്പെടുത്തിയ അപ്പൊ നമ്മള് നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചെയ്തതിന് ശേഷവും കർത്താവായ യേശു ചെയ്തതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെ ദൈവ തേജസുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ അയ്യോ ഞാന് എത്രയോ കുറവാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തു അവൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും കർത്താവേ എനിക്ക് നിന്നെ ഓരോ നാഴികതോറും ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഓരോ നിമിഷവും എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ നിൽക്കും അതാണ് ആത്മാവിലെ ദാരിദ്ര്യം അപ്പോൾ ഈ ആത്മാവിലെ ദാരിദ്ര്യം അങ്ങനെ വരുമ്പോൾ ഒരു അരിഷ്ടതയുള്ള ജീവിതമാണെന്ന് പിശാജ് ചിലപ്പം ചിലരെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം എന്നാൽ അങ്ങനെയല്ല നമ്മൾ വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ ഒൻപതാമത്തെ വാക്യം നോക്കുക അവിടെ ഒരു തെറ്റും പറയാനില്ലാത്ത രണ്ട് സഭകളിലൊന്നാണ് സ്മുർണയിലെ സഭ ആ സ്മുർണയിലെ സഭയോട് ദൈവം പറയുന്നു ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും കണ്ടോ ദാരിദ്ര്യം ആത്മാവിലെ ദാരിദ്ര്യം എന്ന് നമ്മൾ പറയുകയാണല്ലോ അതിനെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത് അപ്പം വെളിപ്പാട് രണ്ടൊൻപതിൽ പറയുന്നത് ഞാൻ നിൻ്റെ ദാരിദ്ര്യം അറിയുന്നു എന്നിട്ട് കർത്താവ് സ്മൃതയിലെ സഭയോട് പറയുന്നു നീ ധനവാനാകുന്നു താനും കണ്ടോ നിൻ്റെ മഹാദാരിദ്ര്യം എക്സ്ട്രീം പോവർട്ടി എന്നാണ് ഈ വെളിപ്പാട് രണ്ടൊമ്പത് ചില വിവർത്തനങ്ങളിൽ പറയുന്നത് അത് ഞാൻ അറിയുന്നു നിൻ്റെ മഹാദാരിദ്ര്യം അറിയുന്നു എന്നിട്ട് അതിനോട് ചേർത്ത് തന്നെ പറയുന്നു അതേസമയം യഥാർത്ഥത്തിൽ നീ സമ്പന്നനാണ് ഇതെങ്ങനെ ദാരിദ്ര്യവും സമ്പന്നതയും കൂടെ ഒന്നിച്ചു പോകുന്നത് രണ്ടും പരസ്പര വിരുദ്ധമല്ലേ ഇത് രണ്ടും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ളതല്ലേ അതിനെ രണ്ടിനെയും കൂടെ എങ്ങനെ ഒന്നിപ്പിക്കാൻ കഴിയുന്നത് ആ പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം സ്മൃതയിലെ സഭയെ സംബന്ധിച്ച് പുറമേ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ആത്മാവിലെ ദാരിദ്ര്യമാണ് കാണുന്നത് എനിക്ക് നിലവാരത്തിനൊപ്പം വരാൻ കഴിയുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ അതിനെ ആ അവസ്ഥയെ ദൈവം വീക്ഷിക്കുമ്പം ദൈവം പറയുന്നു നീ ധനവാനാകുന്നതാനും അതായത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ പറയുന്നത് അപ്പം നമ്മുടെ കുറവുകളെ കാണുന്നത് നമ്മുടെ എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ചേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ആത്മാർത്ഥമായി ഏറ്റുപുറച്ചിൽ നമ്മുടെ സമ്പന്നതയായിട്ടും നമ്മുടെ ധനമായിട്ടും ഓ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ദൈവം കാണുന്നു അപ്പോൾ എന്താ പറഞ്ഞത് മഹാദാരിദ്ര്യമുള്ളവർ തന്നെയാണ് യഥാർത്ഥത്തിൽ സമ്പന്നർ ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു നീ ധനവാനാകുന്നു താനും ഞാൻ പറഞ്ഞു വന്നത് ഈ ആത്മാവിലെ ദാരിദ്ര്യം പറയുന്നത് ഭയങ്കര അരിഷ്ടതയുള്ള ഒരു ജീവിതമാണ് എപ്പോഴും നെലവിളിയും എപ്പോഴും സങ്കടവുമാണ് എന്നല്ല മറിച്ച് നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ഇങ്ങനെ ജീവിക്കാനൊക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടെ എന്തുണ്ട് ദൈവം ത ദൈവം നമ്മളെ അങ്ങനെയുള്ളവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നു എന്നിട്ട് ദൈവം ഒരു സർട്ടിഫിക്കറ്റ് തരുന്നു നീയെ യഥാർത്ഥത്തിൽ സമ്പന്നനാണ് നീ യഥാർത്ഥത്തിൽ ധനവാനാകുന്നു താനും അങ്ങനെയാണ് മഹാദാരിദ്ര്യവും സമ്പന്നതയും ഒന്നിച്ചു കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ കാര്യങ്ങൾ പലതും സാധാരണ ഒരു മനസ്സിന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ ദൈവം സമ്പന്നതയായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിന് അത് മനസ്സിലാവുകയില്ല എന്നാൽ ദൈവം അങ്ങനെയാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് എന്ത് ദൈവം അങ്ങനെ നമ്മളെ ധന ധനവാന്മാരെന്ന് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് വേണ്ട കൃപ തരുന്നു നമുക്ക് ആത്മീയമായ ശക്തി തരുന്നു അത് തരുന്ന സന്തോഷവും നമുക്ക് ഉള്ളിലുള്ള ആ നിലയിലുള്ള പ്രാഗൽഭ്യവും നമ്മളെ യഥാർത്ഥത്തില് സന്തുഷ്ടരായ മനുഷ്യരാക്കി തീർക്കുന്നു അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരു അരിഷ്ടതയുള്ള ജീവിതമല്ല ഇത് ഇത് കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതമാണ് സമ്പന്നമായ ഒരു ജീവിതമാണ് ഒരു ദാരിദ്ര്യമുണ്ട് അപ്പൊ തന്നെ ധനവാനാകുന്നു താനും അതെങ്ങനെയാണ് ഈ നിലയിലാണ് ആ ഒരു സമ്പന്നത നമുക്ക് കൈയാളാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ എന്ന് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് പറഞ്ഞ് വിശദീകരിക്കാൻ ഒക്കുന്ന കാര്യമല്ല നമ്മുടെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നടപ്പിൽ നമ്മളിത് കണ്ടെത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഏറ്റവും സന്തുഷ്ടരായ ആളുകൾ തങ്ങളിൽ തന്നെ ഒരു ബലമില്ലാത്തവരാണ് ദൈവത്തിൽ ബലം കണ്ടെത്തുന്നത് തങ്ങളിൽ തന്നെ ആത്മാവിൽ ദരിദ്രരായിട്ട് തോന്നുന്നവരെയാണ് ദൈവം യഥാർത്ഥത്തിൽ നീ ധനവാനാകുന്നു എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് ഈ അനുഗ്രഹീതമായ വഴിയിൽ മുന്നോട്ട് നടക്കുന്നതിന് വേണ്ടിയാണ് ലൂക്കോസ് ആറിലെ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ അന്തസത്ത ആത്മാവിലെ ദാരിദ്ര്യമെന്ന് പറഞ്ഞ് വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായിട്ടും അങ്ങനെ നമ്മൾ ഭാഗ്യവാന്മാരായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആത്മാവിൽ ദരിദ്രനായവൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കും എന്ന് പറഞ്ഞല്ലോ നമുക്ക് ഈ കാര്യത്തിലും കർത്താവായ യേശു നമ്മുടെ മാതൃകയാണെന്ന് കാണിക്കുന്ന ഒരു വാക്യം ലൂക്കോസ് ആറാം അധ്യായത്തിലുണ്ട് ലൂക്കോസ് ആറിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കുക അവിടെ കർത്താവിനെക്കുറിച്ച് പറയുന്നു അവിടുന്ന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്തിനാണ് യേശു പ്രാർത്ഥിച്ചത് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് അതിന് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് തനിക്ക് തൻ്റെ മനുഷ്യത്വത്തിൽ തനിക്ക് ആ നിലയിൽ ഒരു കോൺഫിഡൻസ് ഇല്ല തനിക്ക് തൻ്റെ മനുഷ്യത്വത്തിൽ തന്നിലൊരു നിറവില്ല താൻ ആ കാര്യത്തിനായിട്ട് പിതാവിനോട് ചോദിക്കാനായിട്ട് ഒരു മലയിൽ ചെന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ തന്നിൽ തന്നെ ഒരു ബലമില്ലാത്ത ആളിനു മാത്രമേ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ എന്താകും ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അതെന്താണ് അതൊരു ഡിപ്പെൻഡൻസിനെയാണ് കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ നിലയിൽ പിതാവിലെ ഡിപ്പെൻറ്റഡായിരുന്നു പിതാവിൽ ആശ്രയിച്ചിരുന്നു അല്ലെങ്കിൽ തന്നിൽ ഒരു ബലമില്ലാത്ത അവസ്ഥയിൽ തന്നിൽ തന്നെ ഒരു നിറവില്ലാത്ത അവസ്ഥയിൽ ആത്മാവിലെ ദാരിദ്ര്യത്തിൻ്റെ ആ അന്തസത്തയിൽ താന് ഈ ലോകത്തിലെ ജീവിതം നയിച്ചു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വാക്യമാണ് നമ്മൾ അവിടെ കാണുന്നത് പ്രിയപ്പെട്ടവര് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് ഈ കാര്യത്തിലും നമ്മുടെ മാതൃകയെന്ന് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഇതാ അതിൻ്റെ ഈ പതിനാറാമത്തെ വാക്യത്തിൽ ഇസ്കരിയോത്തായ യൂതയെ കൂടെ തിരഞ്ഞെടുത്തത് അവിടെ പറയുന്നുണ്ട് അപ്പം പന്ത്രണ്ട് പേര് ആ നിലയിൽ കർത്താവ് തിരഞ്ഞെടുക്കുമ്പം യൂത എന്നെങ്ങനെയുള്ള ആളായിരുന്നു യൂത വളരെ ആ നിലയിൽ വളരെ മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ പൂർണ്ണ മനസ്കനായ ഒരാളായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നതുപോലെ ചിന്തിച്ചാൽ മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ കർത്താവിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒരാത്മാവിൽ ദാരിദ്ര്യമുള്ള ഒരു യഥാർത്ഥ ഒരു ശിഷ്യൻ തന്നെയായിരുന്നു ഈസ്കിരിയോത്ത യൂത എന്നാൽ മൂന്നര വർഷം അവൻ മുന്നോട്ട് പോയപ്പോൾ അവൻ അവൻ്റെ ആത്മാവിലെ ദാരിദ്ര്യം നിലനിർത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അവൻ എന്ത് എന്ത് ചെയ്തത് അവനെ പിന്മാറിപ്പോയതും അവൻ പണസ്നേഹിയായിപ്പോയതും ഒടുവിൽ പണത്തിന് വേണ്ടി കർത്താവിനെ ഊറ്റിക്കൊടുത്തതും തൂങ്ങിച്ചെത്ത് നരകത്തിൽ അവസാനിച്ചതുമൊക്കെ അപ്പം ഈസ്കിരിയോത്ത യൂതയുടെ അനുഭവം നമ്മളോട് പറയുന്നത് എന്താ നമുക്ക് ആത്മാവിലെ ദാരിദ്ര്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സഭയിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ആത്മീകമായ നല്ല അനുഭവം ഉണ്ടായ സമയത്ത് നമുക്കൊരു ആത്മാവിലെ ദാരിദ്ര്യം ഉണ്ടായെങ്കിൽ പോലും അത് നിലനിർത്തേണ്ടതായ ഒരു ആവശ്യകതയുണ്ട് ഒരിക്കൽ ആത്മാവിലെ ദാരിദ്ര്യം ഉണ്ടായാൽ അതെന്നും നിലനിൽക്കുമെന്ന് കരുതരുത് നമ്മൾ അതിനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണം ഇല്ലെങ്കിൽ ഇസ്കരിയോത്തായ യൂതായെപ്പോലെ നമ്മുടെ ആ നിലയിലുള്ള ഹോൾ ഹാർട്ടഡ്നസ് ദൈവത്തോടുള്ള പൂർണ്ണ മനസ്കഥ നഷ്ടപ്പെട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ദ്രോഹിയായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന പാഠം നമുക്ക് ആത്മാവിലെ ദാരിദ്ര്യം നിലനിർത്താനും നമ്മൾ നിരന്തരം ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത് നമ്മൾ ഇവിടെ നോക്കുക അതിൻ്റെ ഈ ആറാമധ്യായത്തിൽ ഒരു ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം ആറാമധ്യായത്തിൽ അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ നാൽപ്പത്തേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു നാൽപ്പത്താറ് നാൽപ്പത്തേഴ് വാക്യങ്ങൾ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെന്ന് വിളിക്കുകയും ഞാൻ പറയുന്നു ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവലെ ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം ആഴക്കുഴിച്ച് നാൽപ്പത്തെട്ടാം വാക്യം ആഴക്കുഴിച്ച് ഇട്ട് വീട് പണിയുന്ന മനുഷ്യനോടവൻ തുല്യൻ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല ഇസ്കരിയോത്ത യൂതയുടെ വീട് ഇളകിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞു കാരണമെന്താ അവൻ ആഴക്കുഴിച്ച് ആ പാറമേൽ അടിസ്ഥാനം ഇട്ടിരുന്നില്ല ഒരു നല്ല ആരംഭമായിരുന്നു അല്ലെങ്കിൽ ആത്മാവിലെ ദാരിദ്ര്യത്തിലായിരുന്നു തുടക്കം അല്ലെങ്കിൽ കർത്താവിലുള്ള ആശ്രയത്വം അവൻ ഉണ്ടായിരുന്നു ശിഷ്യന്മാരിൽ ഒരാളായിട്ട് എണ്ണപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ആ മൂന്നര വർഷം നിരന്തരം അവൻ ആഴക്കുഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം അവൻ ഗൗരവമായിട്ട് എടുത്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമ്മളെന്ത് വേണം നമ്മൾ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ചില അനുഭവങ്ങളുണ്ട് കർത്താവുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ അത് നിരന്തരം ആഴക്കുഴിക്കുന്ന ആഴക്കുഴിച്ച് അങ്ങ് താഴേക്ക് ചെല്ലുന്ന ഒരു രീതി നമുക്കുണ്ടാവണം അല്ലെങ്കിൽ കർത്താവിലുള്ള ആശ്രയം നാൾ കഴിയും തോറും വരണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആത്മാവിൽ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യം അറിഞ്ഞുകൊണ്ടും കർത്താവിനെ കൂടുതൽ കൂടുതൽ ആവശ്യമുള്ളവരായിക്കൊണ്ടും നമ്മളായിരിക്കണം അതിന് പകരം ക്രിസ്തീയ ജീവിതത്തിൽ ഇപ്പോൾ അഞ്ചു വർഷമായി പത്ത് വർഷമായി ഇപ്പോൾ ആദ്യകാലത്തുള്ള ആ നിലയിലുള്ള ഒരു ആശ്രയബോധമില്ല ഇപ്പോൾ കുറച്ച് സീനിയറായി ഇപ്പോൾ സഭയിലൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് എനിക്കറിയാം എന്തുവാ ആളുകൾ ചോദിച്ചാൽ എന്തുവാ പറയേണ്ടതെന്ന് എനിക്കറിയാം അങ്ങനെയൊക്കെ അങ്ങനൊരു സീനിയോറിറ്റി വന്നു പോയാൽ ഈ ആഴക്കുഴിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കാതെ പോകും ഇവിടെ കണ്ടു ആഴക്കുഴിച്ച് പാറമയിൽ അടിസ്ഥാനം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മുടെ വീട് വെള്ളപ്പൊക്കം അത് ഇളകിപ്പോകും എന്നാണ് ഇസ്കരിയോത അനുഭവത്തിൽ നിന്നുമൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു പാഠം ഇവിടെ പ്രിയപ്പെട്ട ഒരു ആഴക്കുഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒരു സംഭവം എടുത്താൽ രണ്ട് രാജാക്കന്മാർ രണ്ടാമദ്ധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിശ അവൻ്റെ പിന്നാലെ പോരുന്ന ആ ഭാഗമാണല്ലോ രണ്ട് രാജാക്കന്മാർ രണ്ടാമദ്ധ്യായത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഏലിയാവ് ഏലിശയോട് പറഞ്ഞു ഗിൽഗാലിൽ നിന്നാണ് അവർ പുറപ്പെട്ടത് നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു പക്ഷേ അവനവിടെ നിന്നില്ല ഏലിയാവ് ബേഥേലി ചെന്നപ്പോൾ അവന് ഏ ഏലിയാവിൻ്റെ പുറകെ ഏലിശ ബഥേലിൽ ചെന്നു ബഥേലിൽ നിന്ന് അവൻ എരിഹോവിലേക്ക് പോവുക അതിൻ്റെ ആറാമത്തെ വാക്യം അപ്പോൾ അപ്പോഴും ഏലിശ പുറകെ തന്നെ വന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഏലിയാവോ ഏലിശയോട് പറഞ്ഞു ഏഹോവ എന്നെ യോർ ബാങ്കിലേക്ക് അയച്ചിരിക്കുന്നു ഉടനെ ഏലിശ ആയി ഏലിയാവിൻ്റെ പിന്നാലെ തന്നെ പോയി ഏലിയാവ് ഏലിഷയെ നിരുത്സാഹപ്പെടുത്തിയിട്ടും അവൻ പിന്തിരിഞ്ഞില്ല ഏലിയാവിൻ്റെ പിന്നാലെ തന്നെ പോയി കാര്യം എന്താ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഏലിശ ഗിൽഗാലിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നില്ല ബഥേലിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നില്ല എരിഹോവിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നില്ല യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് യോർദാൻ നദി കുറുകെ കടന്ന് അവസാനം ഏലിയാവിനെ സ്വ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് അഗ്നിരഥവും അഗ്നി ഐശ്വങ്ങളും വന്ന് എടുത്തു കൊണ്ടുപോകുന്നത് നേരിൽ കണ്ട് അങ്ങനെ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിഷ പ്രാപിച്ച ആ സംഭവം ആഴക്കുഴിക്കുന്നതിന് ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം പ്രിയപ്പെട്ടവർ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും ഓരോ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയാണ് നല്ല അനുഭവങ്ങളെയാണ് ഗിൽഗാലും ബഥേലും എരിഹോവും യോർദാങ്കലും ഒക്കെ കാണിക്കുന്നത് നമുക്ക് ചില അനുഭവങ്ങളുണ്ടായി അവിടെ അങ്ങ് തൃപ്തിപ്പെട്ട് അവിടെ അങ്ങ് ഇരിക്കുക എന്നുള്ളതല്ല ബഥേലിൽ വന്നു കൊള്ളാം ദൈവത്തിൻ്റെ ഭവനം എന്നാണ് അതിൻ്റെ പേര് സഭയിലെത്തി ആ അവിടെ അങ്ങ് ആയിരിക്കാം എന്നുള്ളതല്ല പിന്നെന്താ എരിഹോവിലേക്ക് അവിടെ നിന്ന് യോർദാങ്കിലേക്ക് ഏലിഷ ഏലിയാവിനെ പിൻപറ്റിയതുപോലെ നമ്മൾ നിരന്തരം കർത്താവിനെ ആ നിലയിൽ പിൻപറ്റുമ്പോഴാണ് ആഴക്കുഴിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ കാര്യത്തിലൊക്കെ കർത്താവിനെ ആ നിലയിൽ പിൻപറ്റുന്ന ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ആറിൻ്റെ നാൽപ്പത് എന്നാൽ നമ്മളവിടെ കാണുന്നത് അവൻ ശിഷ്യനെന്ത് വേണം പൂർണമായിട്ട് പഠിച്ചു കഴിയുമ്പം ഗുരുവിനൊപ്പമായി തീരും എന്നാണ് നമ്മളവിടെ കാണുന്നത് ലൂക്കോസിൻ്റെ സുശേഷം ആറാമധ്യായത്തിൻ്റെ ആറാമദ്ധ്യായത്തിൻ്റെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ വാക്യം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യമാണ് നാൽപ്പതാമത്തെ വാക്യത്തില് അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും അപ്പം നമ്മളെന്ത് വേണം കർത്താവിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നത് മാതൃകയാക്കുമ്പം ഗുരുവിനെ പോലെ ആകുന്നത് മാതൃകയാക്കുമ്പം നമ്മൾ വഴിയിൽ ഗിൽഗാലിലോ അല്ലെങ്കിൽ ബഥയിലിലോ എരി നിൽക്കുകയില്ല അവൻ്റെ പിന്നാലെ തന്നെ പൊയ്ക്കൊണ്ടേ അതുപോലെ തന്നെ ഇതേ കാര്യം തന്നെ മത്തായി എഴുതിയ സുവിശേഷം പത്താമധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ ഈ ഈ കാര്യം പറയുമ്പോൾ പത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ആ മത്തായി എഴുതിയ സുവിശേഷം പത്താമത്യായം അതിൻ്റെ ഇരുപത്തഞ്ചിൽ ഗുരുവിനെപ്പോലെ ആകുന്നത് ശിഷ്യന് മതി യജമാനനെ പോലെയാകുന്നത് ദാസന് മതി നമുക്കെപ്പോഴേ തൃപ്തിയുള്ളൂ കർത്താവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെടുക ആ വലിയ ലക്ഷ്യം വെച്ചേക്കുമ്പം നമുക്ക് നമ്മിൽ തന്നെ തൃപ്തിയില്ല നമുക്ക് ആത്മാവിൽ ദാരിദ്ര്യത്തോടെ അവൻ്റെ പിന്നാലെ പിന്നാലെ പോയി ഗിൽഗാലിൽ നിന്ന് ബഥയിലിലേക്കും ബെഥയിലെ ബഥയിലിൽ നിന്ന് എരിഹോവിലേക്കും അങ്ങനെ പോയി മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം ഗുരുവിനെ പോലെ ആകുക എന്നുള്ളത് ലക്ഷ്യം വെക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഴക്കുഴിച്ച് മുന്നോട്ടു പോകാനായിട്ട് കഴിയുന്നത് ഇതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആത്മീകമായ ചില നല്ല അനുഭവങ്ങളിൽ തൃപ്തിപ്പെട്ട് മതി എന്ന് പറഞ്ഞ് നമ്മൾ തൃപ്തരായി ഇരുന്ന് പോകല്ലേ ആഴക്കുഴിക്കണേ ആത്മാവിലെ ദാരിദ്ര്യമാണേ ഏറ്റവും വിലപ്പെട്ട ഒരു ക്രിസ്തീയ സത്യം അത് കൈയാളുന്നവരായിട്ട് നമുക്ക് ഈ തലമുറയിലായിരിക്കാം അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ